مرحبا متابعينا و عظيم التقدير في مدينه لقدمران قام الفريق بالما قريب الاجتماع و تنبؤوا و عندما و رجنا ان ده نكن ليكون انكم لا يمكنه ادنا ما ورت و تنكوا ان ما ترى لنا و اكثر الذين نضيا و لهم ان الذي ترى وتتقدمت على جواله جواله في التوراد على كنته برضو وهي അത് വലാബുദ്ധമില്ല അതും കൂടാണ്ട് കഴിഞ്ഞില്ല അതും അതോടെ കണക്കിലുണ്ട് അത് ബുദ്ധിമുട്ടുണ്ട് ആധാർ ഔപാറ്റിനോട് ആധാർ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടു പറഞ്ഞതാണ് അത് അതും അത് ഓരോ ബന്ധനോളം നടന്നിട്ടുണ്ട് അത് വരുന്ന കാര്യങ്ങൾ കാര്യങ്ങളോ ഓരോ സമയത്തും അവരെ പ്രതിഫലിക്കാൻ தென்னேடுக்கு என்னங்கறதுக்கு வந்துட்டோம். இதுக்கு வரதுக்கு என்ன இருக்கு? இன்ஷா அல்லாஹ் ஒரு கொஞ்சமாவது கொஞ்சம் ஆரம்பம் போறோம். நாம எங்க போறோம்னு தெரிஞ்சுக்கலாம். சௌகாத் அல்அபிய்யா மாபாத் வல்அபிய்யா உள்ள வட்டத்துல 4 தடப்பிலானா. அது சம்கானத்து வப்பல் மபத் வம்மா மர்ஜுனு வட்டதுவா ஹிரு வட்டது மாசி ரபத்தினா தீ வட்டதுல் திய்யத்தி மீரா. அல்லாஹ் அல்லாஹ் குடுத்துறந்தான். वन्ना वक्तु पर आतो मुक्तनाती है वन्ना वक्त अल्लाह तेरे करते चले वक्त मुग पर वक्त लई का हमनुवर कर रहे तो वक्त पर आती अब तासी और तमाम मदन मुकम्मल है इससे निता सुहूद निना सत्य महान है और अल्लाह वक्त छोड़ना दे अल्लाह हम निमत के पूरा अल्लाह हमने को ये सिख जाना जान दे अल्लाह हु हम को नौर अल्लाह ना हम അതാണ് വസ്തുക്കൾ വകുപ്പിൽ മാറ്റി എത്തോ മക്കളെ നാട്ടിൽ വക്കെ നാട്ടിൽ പറയുന്നത് വകുപ്പിൽ നിന്നു വല്ലാത്ത വക്കുക്കൻ കഴുകിയ മക്കളെ ആഗ്രസ് കണ്ടുകൊണ്ട് അതാണ് അബൂബിയിലെല്ലാം എല്ലാം പറ്റും തരുന്നില്ല അബൂ എല്ലാവരും നമ്മളില്ല ഒന്നിട്ട് നമ്മളെ പറ്റുന്ന ഉണ്ടാക്കില്ല താത്താകാ അതിനാൽ താര താത്താണോ എന്നാൽ അതിന് പരിഹാര അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട് ആക്കിയിട്ടില്ല തീർച്ചയാണ് ഏതാണോ തീർച്ചയായും വലിയ താണോ പൊതു ഇല്ല മണ്ണല്ലോ ولا قاموا من بعد ذلك اري من الله ان طريقته بعض من تلك اري من الله ادنى ان قاموا تاموا صرفينتي من ذكر الكبرى ان الفاتن هام ورضاض بالاستئيل او خطاب فمنذ الكبراء ان الفاتن الارى تعالى كيف الله وكيف الله كل ما ثبت منها ادرا منها افتعها الله هو دليل الكتاب يقول لك الكتاب يعني بيقول لكم الموضوع ده يعني ده لو لو الكتاب لو عايز بيقول لك ادي عندما نذكر بالله ويثربنا عادنا يعني قلنا قرنه طلبوا ان كان كذاب اما لو ديان الله التركت وجوده هو تبقى في كل دماغ ده مراقبه وجوده انت حيتنته وتنته باين بتقول انت بتقول له بركه ومن كانت الغفره مع كل الذي غير قابلات عند قاعده تكرم ان الله اترت وان الله பாரியும் நல்லா கேட்பாமா எல்லेंगे இந்த வாகம் என்னடா கேதியில அதின்னு கேட்டீங்கல்ல அதின்னு கேட்டேன் பாதான ரொம்ப ரொம்ப பண்ணுனதுனா என்ன அதுக்கு அதிகளோ பொருத்தமா இருந்து പറയാன்னு இங்க தெரியுது இந்த வாகம் என்னடா நான் யாரனு சொன்னேன் അത് തിരിച്ചാണ്ട് പോകുന്നവർ പാലച്ചേഫ് അബുൽ ഹസം അതിൽ മുസ്ലിം ആലബാദി പഴയ ഒരു തോന്നടവ് വരും ആ തോണ വന്നതിനാൽ ഒരു പാടം വരും അതിനാൽ ഓണം പറഞ്ഞ അടകളുണ്ടായിട്ട് അത് പാടമ്പത്തിൽ പുതിയ അപകടം ഉണ്ടായിരുന്നാളുണ്ട് എന്നാല് പറയം നമ്മൾ ചെന്നുണ്ടാകും ആ തടമാറയാനില്ല ഒരു അടപുണ്ടാക്കി കാരണം ആദത്തന്നെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം അത് മുമ്പ് മനസ്സിൽ പറഞ്ഞില്ലേ മാറ്റീവെത്തി എല്ലാം വന്നിട്ടാറാണ് അവരൊന്നും അവരോടൊക്കെ എല്ലാം വച്ചിട്ടുണ്ടാറ ഒരു ലോകം സംഭവിച്ചു ലോകം സംഭവിച്ചിട്ട് മറ്റൊന്നും ഞാൻ ചെയ്തു ഞാൻ കൊള്ളാത്തോ ഞാൻ എല്ലാവർക്കും എല്ലാം അവന് മനസ്സാകെ ലഭിച്ചു മാറ്റുണ്ടായ അവർ എല്ലാം കിട്ടാറാം അത് പറയാം നിന്നെ കാണാം നിന്ന് അവർക്കും എല്ലാം വെച്ചിട്ടുണ്ടാവാൻ താഴത്തേക്ക് ആളാം ഞാൻ മൈക്കുന്നു മതത്തിൽ തന്നെ കാളാം എന്നുള്ള ഭാഗം നടത്തുന്നത് ഈ സഹായത്തിനുണ്ടായിട്ട് അല്ല ഈ സഹായത്തിനെക്കാണ് മറ്റൊരു നിങ്ങളുടെ ദോഷം നല്ലത് അല്ല ബോധം മൂന്നു പ്രായം ഉണ്ടാകുന്ന സാധനം പറഞ്ഞിട്ടുണ്ടത് അതിന്റെ വെക്കുമ്പോൾ ഉണ്ട് അതിനുള്ള ദോഷം തിരികണം എന്നൊരു പ്രായം നൽകി വിചാരിച്ചാൽ الجواب يا معاذ هو ان ابو القند ابو مندكي يقول ان طلبته قال <سؤال> ان هذا من قولنا المست <سؤال> aprobado لنا يعني من يوجد وحكم عن نيته فتدوى ى تضبطه وكنينا هذا دليل هو قالوا مكلفوا من عند اتفقوا قوم اتفقوا وما امرت اتفاقا الا الذين عن الرغبه വൻ മഹാരിമാര് വൻ് അൻ മാനവീകരണം അത് മൊത്തത്തിൽ വരുമ്പോഴ മഹാനവി മഹായുദ്ധത്തിലെ അൻവാറുണ്ട് അസുറാറുണ്ട് അങ്ങനെ പരിപാടികൾക്ക് പോയി ശക്തിയായ കറാമത്തെ അല്ലെങ്കിൽ കാലത്ത് നടക്കുന്നു അവിടെ നടക്കുന്നു എന്നത് മറ്റൊന്ന് നടക്കുന്നു അതാകുണ്ടെങ്കിൽ സമ്മേളത്തിൽ കളാൻ പറ്റും മഹാനവീന്ന് പറയുന്നത് വ്യക്തികളിച്ചു ജീവിതം മനുഷ്യരാമുണ്ട് അതൊരു യാതാ കൂടിയോ ില്ല അജക്കുസുകാ കൂട്ടാ സൽ ആ കാല നാല് വിഭാഗം മാറേണ്ടി ഒന്ന് ഹാ രണ്ട് അസാത് മൂന്ന് സാദാസ് നാല് അസാധി ആദത്തി അന്നുത്തത് അതാത്തിനോടും അസാദിനോടും മിക്കത് സാദാത്തിനോടും അസാധി എന്നോടും മിസാ ഒരുത്താ വിശം നാലും തമ്മിൽ വ്യത്യാസം എന്താണ് മുഖേന വന്നാലും വർന്നാലേ അപ്പൊ ഇതിൽ നിന്നാണ് ഓരോരുത്തരും ഇന്ന വളർത്തുന്നത് বলতো যা তারা هنا عربات عثماني قلنا يمنه قلنا നാലு বিভাগத்தினারে বৈঠক പറഞ്ഞിട്ടുണ്ട് అలా നിമ്മ يتഅतबوا معهم اكو يتഅतबوا معهم അവരോടപ്പം ആണ് আলাদা bahsedുന്നെന്നു거든요 ইবতি মাহুমা അവരോടപ്പം ঘুমোন আযরгом পনামতেরি আন আ하다 আদে হাদത്തിলে জামাম আদে قال كيف الرؤى رب الله تبارك منه وما ما نبصره نم حدث حدثنا قال يستر مرتكن ثم ملك بالله قلنا غير ارطم اما بعد ضرب موضوع على كل امر مولرتقون قال حدث ثم باسط حدثا قال هذا وهو تغيير المدين يميز حقائق الأمور കാര്യങ്ങളുടെ അശൈക്യത്തിനൊന്നും വേതിരിച്ച് തിരിയാത്ത കഴിഞ്ഞതിന് എല്ലാ കോർത്തി കാര്യപോണില്ല അങ്ങനെ വേർതിരിച്ച് തിരിയാത്ത കാരണത്താൽ അവർക്കുണ്ടാകും ആ കുട്ടികൾക്ക് പൊലീസം വിശുദ്ധമായ റാവു കാണുന്നത് എന്താണോ അതിനോടെല്ലാം ഒരു ബോണ്ടു കൊടുത്തിട്ടുണ്ടാവും അത് കൈവീ വേണ്ട തന്നുണ്ടാവില്ല ആവോ എന്നെ കേട്ടതിനോടുണ്ടാവും വർക്ക് നന്നായി തോന്നുന്നെങ്കിൽ ഒറ്റ ഓർഡർ കൊണ്ടുപോയി പല സുഹമ്മനോ വായുഖോ അപ്പോൾ അവർക്കുണ്ടാകുന്ന വായുഖത്തു നിന്നാൽ ഈ രസമാവസ്ഥ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയൂല തിരി ആയി അതിങ്ങനെ തലമുറ താമാർ കൊണ്ടിരിക്കും അങ്ങനൊന്നും അപ്പോ രാവിലെ പറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടാക്കി അപ്പോ ആ മൂടെണ്ണം അപറത്തെ ഉൾപ്പെട്ട സഹായിക്കുന്ന അനില്ല കുമ്മ പിന്നെ കിപ്പൂസി മെൽക്കൻ നഷ്ടി പുനരോഹം ആ കുട്ടികളോട് ഒരു കൊണ്ടു കൊടുത്തുണ്ട് ജമാൽ സൂര്യ ജോലി തോല്യജമാൻ ആ കുറിച്ചുള്ള കളിഞ്ഞ് വിരിയും തമാശയിലുണ്ടാക്കും സൂര്യാജമാനോട് കളിക്കുന്നു اول من يزال له روح عليه روحنا ذلك نضمن موانا ما الاغلي ولا غير قطيان من ذلك روح عليه جماليته في جنب طور في كورن جماله كلها روحنا لا نكرا وقبل يكون ذلك لا يلك الذي ترتقى تماما من دوني فتن قل بارجودا لقد يكون من ارجو كنتوا واعا ഏതായാലും ഒരു സ്വലപത്തിൽ അവരോട് കൂടുതൽ സ്വരമ്പത്തിൽ എത്തിയാലുള്ള ആപ്പാത്തി ആഗ്രഹവും ഇവിടെ ഹാജരാകുന്ന പല ആപ്പാക്കും ഇങ്ങനെ അല്ല സ്വന്തം ഇല്ല മനസ്സിന് ചൂടാവില്ല മനസ്സേദി ഇങ്ങനെ കടയിൽ എത്തി പറയുമ്പോഴില്ലേ ഓരോ സംരക്ഷിക്കുകയും വേണം അങ്ങോട്ടായിപ്പാലോട്ടായിപ്പാല മത്സരത്തിന് എനിക്ക് നമുക്ക് ഓരോ ആക്രമിക്കണം പിന്നെ അതിനേക്ക് മഴക്ക് ചായലി കൊണ്ട് നട്ടിച്ചു കൊല്ലാവുന്നു തുമ്മിന്റെ ഈ കുടുംബത്തിന്റെ അവർ കുടുംബത്തിൽ വെട്ടുമ്പോ നെറ്റിൻ്റെ കൂടെ ഈ ചില നടകൾ മറിഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ട് തിരുത്തത്തിൽ പറയാൻ പല കൈവളില ആ കുടുംബത്തിൽ പൈതലാണ് വ്യക്തം എവിടെന്താ വല്ലത് വരാം അവർ ഒന്നിട്ട് വന്ന വസ്തുക്കളെ നിശ്ചിതയിൽ ആ അനിവാര്യമാണ് ൊടുക്ക നമുക്ക് അമ്മ ഉണ്ട് നെഞ്ചിയുണ്ട് അറിയാ നല്ലത് നോക്കി കയ്യാറും നല്ലതെന്ന് കണ്ണാടി വന്നിട്ട് ഉത്തുവിനോട് പറഞ്ഞു കൊടുക്കാൻ ഉച്ചനോന്നും കെഞ്ഞിന്റെ ധാരാട്ടന്റെ തുന്നാസുരത്തിന്റെ എന്നിട്ട് കൊണ്ട് തുന്നല്ലേ എന്നല്ല പുതുപോലെ ഉപേക്ഷിക്കാനും നല്ല ഉസ്തു കൊടുക്കളെ കൊടുത്തു എങ്ങനെ പറയട്ടെ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു തരുന്നില്ല അല്ലാഹുവേ സലാം തനബതി അബത്വനബതിൽ ഖൈറണ്ടന്ന പറയുന്നു ഹുക്മൻ ലഹാവാനോ സറഹതാനണ്ട സാവനം അണ ജബാല ജബാല അമറു അഹമ്മദ് നസറുസ്സലാം അല്ലാഹുവേ ഇന്നമ ഇന്നോ അ ജബാല തഹബ്ത തലിയപുടുന ദുഹാദി ലവാല അഹമ്മദു റസൂലുല്ലാഹി പറയുന്നു കാ ഈ ജമാലു കൊണ്ട് പോട്ടു കുടിക്കു തോന്ന ദുർവാനിയാട അലക്ക് ഉണ്ടാവോ തമന മബീൻ മൻ അല്ലാഹു മൻ അങ്ങനെ പഴയ നിരക്കുള്ള നിറവുണ്ട് ഈ നിറഞ്ഞ പാതത്തിൽ കൂടിയാണ് അത് വേണ്ട നോക്കുന്നത് നിങ്ങളുടെ ജാഗല്ലാത്തതുകൊണ്ടല്ല പണം കരാ ഈ പറയപ്പെട്ട അവാരുകളെ തൊട്ട് ദിവസം രക്ഷപ്പെടുന്ന ഉറപ്പുണ്ടെങ്കിൽ കലാ ദിവസം ആണെങ്കിൽ ആ സ്വഹബത്തിന് എത്രയാളയാൻ പറ്റിയില്ല എന്നാണ് മൊത്ത ദിവസത്തെ ആണ് બતતા દઈએ લે દો કદીબી અને દેલીદ વનલા જબી જબાક ઇન દી પદમચા અનતક માય કો અલ્લાહ પર હીમત રત પેલે રસુલ અલ્લાહ પર હીમત રત હવરંગલકુ અબુ મુબિન દી મુકીરનો વો યાન આય યેન બર નબી સલ્લલ્લાહ અલહ વ સલમ માકુમ અલ માકુમ આયત કે પેન સબત કરના હમ અતરેલી ના આ ફ મલકા તંગલ માકુમ તાનીલી വല്ലാത്ത തങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തിലുള്ള അക്ഷരമാണ് ഏതുകൊണ്ടാണോ തങ്ങളെ പക്ഷേ അത് അങ്ങനെ വേറെ രീതിയാണ് അല്ലാത്ത കണ്ടെത്തി അപ്പോ തങ്ങളെ നാലിലധികം വിവാഹിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അത് പക്ഷേക്ക് വന്നത് കൊണ്ടാണ് അങ്ങനെ ഇതിലിങ്ങാൻ പറഞ്ഞു ഇതല്ല ഇസാന്റെ മുമ്പ് തങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ പറഞ്ഞു നിങ്ങളെ ചെയ്യാൻ പാടില്ല അതെന്റെ ഭക്ഷണത്തിൽ തന്നെ എനിക്ക് നിങ്ങളല്ലാത്ത രീതിയിൽ കാണാത്ത രീതിയിൽ എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് സാധിക്കും കിട്ടാൻ അപ്പം തങ്ങൾക്ക് മാത്രം ഭക്ഷ്യാധനത്തിന് രീതി വരാത്തടത്തോളം തങ്ങളെ വസ്ത്രം പ്രവോഗിക്കലെന്താണ് തുടരാൻ പറ്റുന്ന പണി ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ പ്രായം കുറഞ്ഞാൽ ആ കുടുംബത്തിന് വെച്ചുകൂലാതെന്താക്കി വെള്ളി വരുന്നില്ല ഈ ആരം ഇല്ലാന്ന് അതിന്റെ അഥത്തിന് മൂന്നോ മൂന്നോ അത് എത്തിക്കില്ല അത് ഗവൺമെന്റ് നിവാസി ഗുണവും അതെ അൻഹരത്തി ബുദ്ധിയാൻ ഹരസിന്റെ അഭിപ്രായം ബുദ്ധിയ ബുദ്ധിയാൻ ബഹുവാൻ ആകട്ട് അലാ അതീക്കത്തിൽ അത്തേഖത്തിൽ നിന്നും അത് സുഗൂത്തായി നിൽക്കൂല വല ഇത്തിൽ ഒരു മാർഗത്തിൽ നിന്നും ഓർത്തി മാർഗം സ്വീകരിക്കാൻ കഴിയില്ല ോ കൊച്ചാൻ പോവും ഒന്നും കൂട്ടുണ്ടാവൂല വയക്കാൻ എത്താൻ പോകും കുഴിയെ നാട്ടിച്ച് മണത്തിന്റെ എല്ലാം മണപ്പിക്കൂ ഇന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി മണത്തിന്റെ എല്ലാം മണപ്പിക്കും ഇന്നുവാൻ എത്തുകുദ്ധി അതുകൊണ്ട് ആക്കാം പുതുതായിട്ട് അത് എത്താൻ പോകും ആ ചോദിച്ചിന്റെ ഒരു ചോറ് പറഞ്ഞാൽ കണ്ടത് മൊല്ലാമാർ എന്താണെന്ന പൊതു തോന്നിക്കുന്നു ണ്ടാവും മറ്റോർ മറുപടി എടുക്കാൻ വെച്ചിട്ടുണ്ടോ മറ്റോട് പറഞ്ഞ് കച്ച പോയപ്പോൾ പറഞ്ഞ വിശ്വസം ചെറിയ കണ്ടാ അപ്പൊ മൂന്നാമതെന്ന് പറയുമ്പോ രണ്ടും ചെറ്റി മൂന്നാമത്തെ ചെലു ഇനി ഇങ്ങനെ പോയതേ ഉണ്ടാവില്ല ഒന്നാമത്തെ പറഞ്ഞ അടക്കം ഉണ്ടോ അതിനകത്താണ് കച്ചാൽ വെച്ച് ഞാൻ ചെയ്തു അസം തോന്നി കൊണ്ടുവല്ല മനസ്സിലാക്കി കൊടുത്തിട്ട് ശരിയാക്കി തന്നെ കൈ നടക്കുക മറ്റൊന്നും ഉള്ളവരെ തോൽപ്പ് കിട്ടണോ അത് കൊടുക്കുക പള്ളുപടിപ്പിക്കുന്നില്ല അവരോട് നിശ്ചയിൽ ചെയ്യണം എന്നാ പറഞ്ഞത് ആദ്യത്തെ പറഞ്ഞു പരാബുദ്ധം നിഷയും കയറി പുല്ലിട്ടു തർക്കിൽ പോകും ഇതിനോട് എന്താ നിത്യം ചെയ്യേണ്ടത് അപ്പോൾ ആ നിസ്തഭു അവനോട് ചെയ്യുന്ന നിഷ് അതുകൊണ്ട് അനുഭവത്തില്ലോ ഈ സഹകരിക്കൽ വധുവിന്റെ അതിൽ ലത്തത്തിന്റെ ഹോ അവൻ ലത്തിൻ വെച്ച് നീങ്ങാൻ ഉള്ള ഒരു മാർഗം മനസ്സിലും പറഞ്ഞുകൊടുക്കുന്നു ഇങ്ങനെ ആയാൽ പോരാ ഇങ്ങനാ പോണ്ടത് എന്നൊടുക്ക വയനാണെങ്കിൽ ഹത്തി വധു വാതി അവന് വളരെ വ്യക്തമാകുന്ന രീതിയിൽ ഹറ്റിനെ വയൻ ചെയ്ത് കൊടുക്കുക പിന്നെ ഹക്കും ഹൃജ്ജത്തു അങ്ങനെ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഹൃജ്ജത്തോടെ സ്ഥാപിച്ചപ്പോൾ ആരും പങ്കെടുക്കയാണ് അവൻ ഇങ്ങനെ പോയി എന്നിവരല്ല അവൻ എന്താ നേരായ മാർഗം വെളിപ്പെടുക വസ്ത്രവുമായി ഇത്തരത്തിലുള്ള സ്വഭാവം ഭൂരിപക്ഷം കാണപ്പെടുന്നത് ഈ സുഖറായും ബാധിയ മലയോരങ്ങളെയും മറ്റൊക്കെ താമസിക്കുന്ന ഈ വിദ്യാഭ്യാസ ഇല്ലാതെ ജനവുണ്ടല്ല അവരും കാണപ്പെടുന്നു കുൽപ്പു ഇത് അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഇൻസാണ് അരൽ ചിത്രത്തിന്റെ ഈ പറയപ്പെട്ടത് ചിത്രത്തിന്റെ മേൽ തന്നെയുണ്ട് ഒന്നൊക്കെ വേറെ ഇരുസങ്ങളോ മറ്റൊന്നോടെ പിടികൂടിക്കാൻ നോക്കാം ചിത്രത്തുമ്പോ തന്നെ ഉണ്ടെങ്കിൽ തകുല ഇല്ലാതെയോ അസോപത്തിൽ ഇതാകും അവനെ ചികിത്സിച്ചാലും അവന് ഇതാകാത്ത വളരെ എളുപ്പമായിരിക്കും മറ്റു പതിഞ്ഞെ മാറ്റിയെടുക്കാനൊക്കെ പരിപാടി ഉണ്ടാവും അരക്സ്മസ്താവിൽ ഹാധങ്ങൾ ചെയ്യും വീണാൽ വളർത്തു കുറഞ്ഞവരുണ്ടാവും അതെ അല്ല അപൂർവമായ ചെല്യ കോമിൻ വിവാഹം ആയിരിക്കും ഏത് കോമിനോടൊപ്പം കൂടും അവർ എന്തിനാ കൂടെ അതിനോടൊപ്പം സഹകരിക്കുകയും ഓരോ വന്നിട്ട് കൂടെ ആ ഫോമിന്റെ അങ്ങനെയോട് സഹകരിക്കുക അപ്പൊ വീണ്ടും നിവൃത്തിക്കാൻ ഇല്ല വരും ആടെ കൂടെ അവര് അതുപോലെ എടുത്തു പറഞ്ഞാൽ അതുപോലെ തന്നെ ആടെ വന്നിട്ട് വെച്ചാൽ ആ കൂടെ വസ്തുവന്നു വീണ്ടും ഇരുത്തായിരുന്നു വീട് വരുന്നില്ല പ്രായം ഒന്നും വരില്ല ഗംഭീരമായ കൊണ്ടും ഏത് കാത്തിടിച്ചാലും ചാല് പോയിട്ട് ഇത്തരക്കാർക്ക് കേരണ്ട നിന്ന അച്ഛനും ഇന്നത്തെ ചേച്ചി കൂട്ടിയ വടില്ലേക്കാ അത് നിമ്മാറ്റി പോകും പോവും അതിനും പോയി ഇനും പോയി ചോക്കും നമുക്ക് എല്ലാവരും ഓണം പോകും വരും വിശ്വസം പോവും അവരോട് വിശ്വസം പോകണമെന്നില്ല വെറുതെ അത് അവസാദിൻ രീതികൾക്ക് ഈ ഒറ്റ തരത്തിലേക്ക് ഇത്ര കാര്യം ഇഷ്ടം ഈ കണ്ടുകൊക്കെ പോകില്ലാന്നുണ്ടാക്കണം ഇപ്രാദി രീതികൾ അപ്പൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഒരു അക്കൊന്നും പിടിക്കണം ബാക്കിയെല്ലാം പലപ്പോല പീ അവന് ഓരോ കൃഷിയും വേണം വിമാ കാലും ഇവൻ അകപ്പെട്ട ഈ പരിപാടിയുണ്ടല്ലോ ഇതിനകപ്പെട്ട മറാറൻ വ്യക്തിയാണെന്നെല്ലാം പറഞ്ഞ മനസ്സിലൂട്ടു പപ്പടത്താടാതി കല്ലുകിരി ആദ മറ്റൊബൻ ഏതൊരു വാതിയിലും കൊണ്ട് ഏതൊരു മലത്തിരി വിണ്ട് മനുഷ്യന്റെ കല്ലിന് ഒരു കല്ലുമായി ലഭിച്ചു അപ്പൊ പമൻ തസംപാലിക്കുന്ന ആ മാതി മൂലയിലേക്കെല്ലാ മനുഷ്യനും കൂട്ടും ചിന്തക്കാൻ കഴിഞ്ഞാല് ഞാൻ വിമാരി ആ അവന്റെ കല്ലിനെ ഒക്കെ ചിന്തിച്ചു حيث يقول السلام يَنَّا عَلَّا عِبَعَدِ اللَّهُ وَاللَّهُ سَعَلَى لَلَبُكُولَ تِيَا عَلَى الْأَحَدَسَهُ يَوْدُ بَعْدِينَ جُنْتَعَنِ بَنْ عَلَاكَهَا جَمْنِ اللَّهَ كُلِبْ رَسْكَى اللَّهُ أَلَّهُمْ لَقَيَسْتَفَ عَيْنِي فَبَعَوَا عَلْكُنْدَ مَنْسِنَّةَ قَلْبُونَ مُدِي أَ വിഭാഗം ഏത് ഹദാത്തിന്റെ മോഹിനോ മതി തോന്നുന്നു അസാധെന്നോർ ഉണ്ടാക്കണം ചിത്ര ചെയ്യണം എന്നത് ഈ അസാകരാരാണ് ആദാദത്തിൽ അദാഥത്തിന്റെ വയസ്സ് പോലും എത്തിയിട്ടില്ലാത്ത ബിഹാറാണെന്ന് ഉദ്ദേശിക്കുന്നു ഒറ്റമൊക്കെ ആ ഹാസത്തിൽ തമക്കും നീ ഉറപ്പിച്ചിട്ടില്ല അതാത് തെല്ലി പറഞ്ഞു ഞാൻ ഒക്കെ ഹോക്കോയും അവരോടുള്ള നിഷേധാണല്ലോ ഇത് അടച്ചിട്ട് പുറമുയും വേറെ കല്ലിനും കഴിഞ്ഞ നിങ്ങളെ വെറുത്തു കൊടുക്കുക മതാകാരം തെരഞ്ഞുന്നത് അതാപത്തിന്റെതായ നേട്ടം അരാപത്തിന്റെതായ പ്രത്യേക അതും എത്തിയതില്ലാത്ത കരുതുന്നത് അല്ല പാ ഇതിലിതും അതിൽ ചെയ്ത ഒന്നുള്ള ഏതാനും الله അറസ്റ്റ് കൊണ്ടു കൊണ്ട് ചെയ്ത രീതിയിൽ അവര് നടാൻ പറ്റുന്ന നല്ല പരിധികളൊന്നുമല്ല ആകുമ്പോൾ നല്ലത് മാറാനില്ല തടഞ്ഞു കൊടുത്തില്ലാത്ത പരിധി അപ്പോ തുടക്കം കൊണ്ട് തന്നെ ഗവീലി പരാതിക്കുന്ന കല് പാടി കാര്യം വെച്ചാൽ അവര് നടാൻ വളരെ എളുപ്പമാണ് തെറ്റ് പരിസ്ഥിതി ജീവിക്കാത്ത രീതിയിൽ ബോധ്യാൻ നമ്മൾ തലപ്പാമല്ലോ തെറ്റ് പഠിച്ചത് പരിസ്ഥിതി മാറ്റിക്കാതി ഭയങ്കര മണ്ണിലേ മാലിക്കാൻ ഒരു വെള്ളം അഭ്യരിച്ചാൽ മതി കൈമ നമ്മൾ അർജ കണ്ട മാറി അതും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണം കൈ ആണെന്ന് കണ്ടെത്തിയോ ലത്താണി അസാ എന്നുള്ള കുറബത്തെ പിടിക്കപ്പെട്ട ശരി മകളെ കാരണത്തോടുകൂടിയാവണം വൻ ജലിക്കാൻ നിയമനിക്കാൻ പറ്റും ണം വൈദ്യം മധ്യഹിയിലും മതിഹട്ടി മെച്ചം അനുസരിച്ചിപ്പോൾ ആദ്യമായ സംഗതി മധുരാജ് പ്രവർത്തിക്കണം അതിനനുസരിച്ചു പിന്നെ വെച്ച് അവരുടെ നമ്മൾക്കും ഒറ്റമനുസരിച്ചിട്ടു മാതിഭാകുന്ന കാര്യങ്ങളല്ല വൈഎവും അവർക്ക് അറിയിച്ചു കൊടുക്കണം അല്ല ആ മാതികം അവർക്ക് കലാകുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ അറിയിച്ചു കൊടുക്കണം لا علاماته ورادين اول وروديكم رياضه الله وروديكم مالك مولد بيديه ان ديشال حاليك 12 مليون اديت وانا ورهاش في اليوم سلامي يا ربي بالماله هو منوديش ين اركم لله يا فلا ما يتي دي حاجه في حاجه عندها عندها 12 مليون اديت و 26 اديت لله അവർക്ക് ആവശ്യമില്ലാത്തത് അറിയാമോ അവർക്ക് പഴ വരുന്നത് പാതാ അസാധും അതിൽ രാജാസുക്കില്ലാ സർമ അനത്ത രാജാസിയുടെ नहीं तो ये बात आती है निकल के ये सारे सारे सब में अपनी अपनी इदीली के इता है इगुरीदा के अंदर हैगा अरेगा ओने उद्बारे उद्बारी वाले यार इनके हर एक के होते जाते हैं हर एक नहीं है ओमा वाले मेरे को सारी के इधर में ले അല്ല എങ്ങനെ യൂസ്കെ നാല് യോഗം മാറ്റി മറ്റേ പത്തിയ എല്ലാ അതൊരു അസാധി വിഷയം നാല അസാധിവാതിലേക്ക് നോക്കി സ്വീകരിച്ചു ആ ഒരു കാര്യങ്ങളും الذي من الملكين الذين من قالوا لا رب الا الله عند يوسف قال اني قد سمعت قولا من المرسلين يقول يا ايها الناس اتقوا ربكم ان ربكم شديد العقاب لا يغفر الذنوب جميعا انه هو العليم الحكيم لكن عندما قدوا من قدوا قال اني لن يغفر الذنوب جميعا انه هو العليم الحكيم രീതികൾ എന്നുവെച്ചാൽ നീ ലക്ഷ്യം വെക്കുന്നത് ഒരേ പോലേക്കായി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കണം എന്നത് ഏതോടൊപ്പം മഹമാറ സേണ്ട ഒന്നാമത്താണോ ചെയ്യുന്ന കൃഷിന്റെ ഒപ്പം കൂട്ടിപ്പിടിക്കാം അത് ഊർജ്ജനിയാം ഒന്നാമത്തെ രണ്ടാമത് നീയം ഇവർത്തു താഴിനെയും മൂന്നാമത്തെ ഈ തരത്തേക്ക് തലത്തേക്കാക്കണം എന്ന് അവരോട് പറഞ്ഞുകൊടുക്കണം എന്നാലും തരാതി കൊടുക്കാൻ പറ്റില്ല ഇസ്കേക്ക് പോയി പോകല്ല അതിന്റെ കൂടി പിന്നേതാണ് മാബി ഏതാണ് സ്വരമാവില്ലാമുണ്ട് അവരോടുള്ള മനസ്സിന് ഈ തലത്തേ തിരി തരാത്തി എതിനകത്ത് താസേക്കാതിൽ കൊണ്ടും സപൂർണ പൂർത്തിയാക്കൽ കൊണ്ടും അത് ആവിധികൾക്ക് എന്മുണ്ടല്ല വൻഷി അവർക്കെന്താ എന്മുള്ളത് കൊണ്ട് എന്മും കുട്ടർ നിങ്ങളെന്താ സത്തോ മൗല എന്നാണ് മോദി ഇതാ ആയിട്ട് അമിതം ഒരു അമിതം നീ കണ്ട് എങ്ങൾ അക്കാമഹ്മാ അന്നാഹുട്ട അയാളെ നിലനിർത്തി വജൂദിന്റെ ഔറാദ് ഔറാദിന്റെ വജൂതുമായി തീർന്നു ഔറാബിന് മുറു ചെല്ലിപ്പാറല്ല ഔറാദിന്റെ അർത്ഥം അന്നാഹുമായി അടുപ്പിക്കുന്ന എന്ത് കാലം ഔറാദാണ് കടക്കയാവട്ടെ നാനകർമാവട്ടെ ബിലാദുൽ ഖുബാനാവട്ടെ സിനിമത്താവട്ടെ ഇൻമ ആവട്ടെ ഇബാദത്താവട്ടെ എന്തും അന്നാഹുമായി വന്ദിക്കുന്ന എന്തൊരു ഹയറായ അതും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചിക്കറുകൊണ്ടോ ഏതുകൊണ്ട് ആ അവറാദിന്റെ വിരൂദുമായിട്ട് താ നിലനിർത്തുന്നു അത് ഗൃദനമാണ് അവറാദ് മാതാമരെയും അതിന് അവന്റെ മേലെന്താക്കി അവരാ ഡാരിമയാക്കുന്നുണ്ട് എല്ലപ്പോഴും എല്ലാം പതിവായി ചെയ്യുന്നുണ്ട് ഏതോടൊപ്പമാണ് തോറിൽ നീന്താതെ അതിൽ കിട്ടുന്ന നീന്താതും കിട്ടുന്നുണ്ട് അതുകൊണ്ട് പരസിദ്ധിയൊക്കെ ഉണ്ട് അങ്ങനെ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ പല സ്ഥലക്കിറല്ല നീ നിസ്സാരമായി കാണണ്ടൗല യജമാനായ മൗന അന്ന ആൾക്കാർ അവന് നൽകിയ പദവി നീസാരമായി കാണണ്ട അവ നല്ല കാര്യം തന്നെയാവുന്നു എന്തുകൊണ്ടാണ് ഈസ്സാരാക്കേണ്ടി വരുന്നത് ലിയന്നിയൻ ആലിഹിൻ ആരിഹീകരക്ഷണം പോലീസ് കണ്ടില്ല എന്നതാണ് നമ്മൾ എന്തുകൊണ്ട് നിസ്സാരാക്കേണ്ടത് അപ്പൊ ലിയന്നക്ക താരെ എന്തിനാണ് ഇത്തിരിക്കാൻ തരീല് മമ്പിക്കൽ മപ്പിക്ക ലഭിക്കും പല തപ്തന്നതവ് ലഭിയതാ ഇസ്ത്രീക്കാർ വേണ്ട ആ ഇഷ്ടക്കാർ പല കൊണ്ട് മമ്പിയാണേൽ ഇസ്ത്രീക്കാർ നിസ്താരമാക്കൽ വേണ്ട എന്തുകൊണ്ട് നിസ്കാരം ആരിഫ്യങ്ങൾ എന്തെങ്കിലുമ്പോൾ കാണുന്നില്ല ഫ്രോം കൊണ്ടുമ്പോൾ തന്നെ വലിയ ആരോഗ്യം ഒന്നും എന്ന കാരണം വെച്ച് കൊണ്ടിട്ടുണ്ടാക്കണ്ട നിസ്താരപ്പെട്ടില്ലേ ഈ കൊടുക്കുന്ന മലവാദത്തിൽ മഹദ്യങ്ങൾക്ക് നൽകുന്ന ആ പാതിത്വനിൽ കാണുന്നില്ല അവൻ വാരിത അന്നാവൂന്റെ വക്കൽ നിന്നുള്ള വാരി ഇല്ലായിരുന്നുവെങ്കിൽ മാക്കാൻ ഇവരുന്ന് എനിക്ക് വെറുതെ ഉണ്ടാകുമായിരുന്നില്ല പന്നാണ്ട വാക്കലിൽ വാരിത ആദ്യം വന്നി എനിക്ക് അനുഗ്രഹം ചെറിയ വാങ്ങിയതാണ് ഈ പൊതുവെ ചെയ്യും പാടുമെന്റ് ആരായി അനുഗ്രഹത്തിന്റെ ഉടമകളായി മാറിസാരൻ അതുകൊണ്ട് നേട്ടമുണ്ടാവട്ടില്ല എനിക്ക് തൈരേക്ക് ഓട്ടം പെട്ട ഇങ്ങനെ തയ്യറായ കാര്യത്തിൽ തിർക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നിൽക്കാൻ ഈ കാണാൻ പറ്റില്ല എന്നാവും നീ ഓടാൻ പോകുന്നുണ്ട് എന്താ പറയുക ഓടിക്കുക നീ എന്താ നേരെയായ അതൊരു കൈറാണല്ലോ നേരെയാവുന്ന മറ്റൊരു കയറ് ഓടാനും ഓടിയേക്കാനിരിക്കലും മറ്റൊരു കയറ് തന്റെ കയ്യിലില്ലെങ്കിൽ ഒരു തൈര് വേണ്ടെന്ന് വരുമോ ഈ പറയുന്ന ൻ സത്യൽ മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നു കോമൻ അഹമ്പീൻ രണ്ട് കോമുണ്ട് ഏതാ കോമൻ അമ്മാക്കാലവന്റെ ഹെഡുമത്തിന്റെ വേണ്ടി നിർത്തിയൊരു കോമുണ്ട് അപ്പോ അമ്മാത്താമത് മാഹിരിയ വിഭാഗത്ത് കണ്ടാകും പോലെ ഇന്ന് പോലത്തെ എന്തെങ്കിലും ഓതലും പാടനുണ്ടാകും വിഭാഗത്ത് യാൾ തിരുമത്തിൽ ആയിരിക്കണം മണി അങ്ങനെ ഹെഡിമത്തിന്റെ അതിൽ നിർത്തിയൊരു ബോമുണ്ട് മറ്റൊരു കോമ മഹബത്തോണ്ട് മുക്തസാക്കിയിട്ടുണ്ട് ഓർക്കികളിൽ ആസ്വദിക്കില്ലല്ലാണ്ട് ഓർക്ക് വേറെ ഉണ്ടാക്കില്ല മഹബത്തോണ്ട് അപ്പൊ ഈ ഒന്നാമത്തെ കോമാകാനും സ്വാധീനികളാക്കി സാഹിത കളഞ്ഞ മറ്റുള്ള മഹബത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും അവർ വാസ്തുകളിച്ചു എന്നാ രണ്ടും കല്ലണ്ട കുന്ന മഹബൂ എന്നത് കുന്നിട്ടു എല്ലാവരെയും നമ്മുടെ ഇതാകും കഴിയുന്നത് രണ്ടായാലും മോട്ടക്കാരല്ല മഹാകാലും കട്ടായ പെരുമത്തായാലും അന്നാമത്താവിൽ തന്നെ മഹത്തായാലും അന്നാമു തന്നെ ഒരാൾ ഒരാട്ട സ്ഥാനം കൂടിയേ ഉള്ളൂ മഹാത്ത അഫ്വാദം ദാനം അവർക്ക് തടയപ്പെട്ടതല്ല നാലാമത്താരുണ്ട് അത്താദി ഈ അത്താമരായിരിക്കും മഹാദേശി വൈമുറാതെ വീണ്ടും മറ്റാപ്പോ ഇത് പറയാൻ വേണ്ടിയിട്ട് ഇപ്പുറപ്പുറം പറയുന്നത് മറ്റുള്ള പത്ത് സ്ഥാനം രക്ഷാത്തവരെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നമ്മൾ ഞാൻ ഹിബലു പോകുന്നു അവരോട് ഹിബുലാണെന്നുള്ളത് ഓറവ് ഹിസുവാണെന്നൂടെ പറഞ്ഞില്ല കാരണം ഓരോ വിഷയം ഇൻകോട്ടല്ലായിരിക്കും ഓറവർ നമ്മൾ ഇങ്ങോട്ടല്ലേ ആഗ്രഹിക്കുന്നു മൂന്ന് മോറാം ഒന്ന് വ്യക്തിഭാഗം മാറാക്കുന്നു അവർ നമുക്ക് ഗുളിക്ക് ആകെ പിന്നെപ്പിക്കൊള്ളാം എന്താ ശരി മറ്റേ ശരിയെന്ന കാര്യങ്ങളുണ്ടല്ലോ പിന്നെ നിങ്ങളുടെ ശരിയെന്ന് തന്നെ ഡയറക്ടർ അത് വ്യക്തിഭാഗം തീണ്ടാം വയനാട് എന്തെങ്കിലും എന്റെ മായകൾ വെച്ചിട്ടുണ്ടോ എന്ന് തരത്തിലുള്ള പറഞ്ഞവരെ കിട്ടൂല അത് ഞാൻ അവസ്ഥ പഠിക്കുന്ന ഒരുണ്ടാകും കുന്ന് വരാറുണ്ടാകുന്നു അതൊന്നും കൂടെ ചോദ്യം ചെയ്യണ്ട പറഞ്ഞവളെ കിട്ടും പത്തത് ആരെയും അവർ പറഞ്ഞിട്ടുണ്ട് പത്താസിന്റെ ആവാദം മുരീതിന്റെ തവാദിന്റെ അതാണ് ഗുരുക്കന്റെ ഈ വരുമാന വൈദ്യുഹൂന് അതിൽ വല്ല പ്രഴവം വെളിപ്പെട്ടേന്ന് വക്കമാണ നമ്മൾ ചെയ്യാതെന്ന് വിളിക്കുക നിങ്ങളുടെ വ്യക്തമെന്ന് പറയാൻ പറഞ്ഞ ആ വിവരത്തിൽ കാര്യം കേൾക്കാം എന്തെങ്കിലും നേരത്തെ നില പോയാണെങ്കിൽ കണ്ട് ൂല കാര്യത്തിൽപ്പെട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള ജാതി അവർ കൊണ്ടുവന്നൊരു കാര്യം ഉണ്ടായിരുന്നു പ്രവർത്തനങ്ങളുടെ ഓണക്കട വളോ അതിനെപ്പറ്റി നമ്മൾ ചിറ്റി ചൂട്ടി വിളിച്ചേടാവുകയാണ് നമുക്കതിന് മാത്രം ഇല്ല ില്ല തപ്പസ് കാര്യം ചെയ്യുക എന്ന വാദത്തിൽ കൂടി അല്ലാതെ അത് ഏറ്റവും വരെ അത് വന്ന ഇങ്ങനെ അത് വിമർശിക്കുന്ന രീതിയിൽ തിരിച്ചെത്തി നോക്കാൻ പറ്റിയതാണ് അത് നമ്മൾ തപസുമ്പോൾ കാര്യം തിരിക്കാൻ പറ്റി നോക്കിയിട്ടല്ല നമസ്റ്റിറ്റീൻ നോക്കിയതാണ് പൈസ മണിക്കാരി ഉത്താദി ഓൺ ചെലപ്പിനോടാണ് പറഞ്ഞു സിനിമ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചെങ്കിൽ ഓൺ ചിരിച്ചിന് ചോദ്യം ചെയ്യുന്നില്ല വിമാനങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ പിന്ന വിനെ അക്കാരി മൂന്നാമത്തക്കാരി മുടാത്തും അംവാദാവും അവരോട് സ്നേഹം പുലർത്തുന്നതിനോടെല്ലാം വന്നാൽ മന്ധപ്പെടുക അവരോട് അതാപത്തോക്കുന്നവരാണ് നമ്മൾ കണ്ടെങ്കിൽ ചോദ്യം ചെയ്തു അവരുടെ എപ്പോൾ മാലമില്ലത്തിന്റെ മാലികൾ ഈ ചെറിയ മാനി ഇല്ലെങ്കിൽ ചെറങ്ങിയായ മാനി മല മുൻ അതിലൊക്കെ ഇല്ല അങ്ങനെ വിദേശത്തിനോട് മഹാഷ്ട നടത്തുന്ന ഒരാളുകൊണ്ട് അതൊരു ഈ വണ്ടി ഒപ്പയോഗം നൽകി നോക്കാം അപ്പൊ തിലത്തുറന്നു കൂടേണ്ടി വരില്ല തിലത്തുറം കൂടേണ്ടി വരുന്നില്ല അപ്പൊ തിലത്തർ വന്ന് മുറിച്ചിട്ടുണ്ടാക്കേണ്ട മുലാർത്ഥം കൂടണ്ടില്ല ആ പത്തുലക്കാർക്ക് കൂടലല്ല തിലത്തുറം മുറിക്കുന്ന രക്ഷ ആ എതിർവില്ല ആ മുൻകറിൻ അല്ലെങ്കിൽ മറ്റൊരു മുൻകറിനൊക്കെ ഉണ്ടാക്കി വിശുദ്ധു ഈ യുവാലോട്ടും ആരോ തന്റെ മുന്നിൽ എന്താണ് ചെയ്യേണ്ടില്ല അതാണ് ഇങ്ങാണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും അതെല്ലാം ശരിയത്ത് രീതി ചെയ്യുന്ന ചെയ്ത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതെന്താ ചെയ്ത് ആസ്വദിക്കല്ലേ ആളത്ത് അബുൽ പറയുന്ന ആദാദ് കസ്ബലൊന്നും ബന്ധപ്പെടാതെ കണ്ട് ഇങ്ങനെയാണ് സഞ്ചരിക്കുന്ന ആറുപാട്ടാണ് രണ്ട് അതിപ്പൊന്ന് നക്സ് ചെയ്ത കുറ്റകളെല്ലാം ന്യായീകരിക്കാമെന്ന് കമ്പള നെഫ്സിനോടും വേണം അശയവും എതിർപ്പൊക്കെ അതിന് വരും ഇല്ല നെസ്റ്റ് ചെയ്ത പ്രഭാവത്തന്നെ ന്യായീകരിക്കാമെന്ന് കരുതുന്നു തെറ്റാണോ തെറ്റാണ് സംബന്ധിച്ചത് عليها أقارب بن أوروك رحمت و حرمت أطار بن رحمت و حرمت و حرمت حرمت و حرمت نفسه نفسه نفسه إنصافه أجل جديد أبداً ما نفسه نفسه نفسه نفسه نفسه نفسه ثم لكر آذابهم في الكلام كلام لآذاب ورينه ഈ സംസാരത്തിന് അവിടെ അറിവ് ചൂട്ടിട്ടുണ്ടല്ലേ വകുത്തീപൽമൂബി പിടിക്കും അത് കിട്ടുമത് പറഞ്ഞു പറയുന്നുണ്ട് വഴുത്താന ബോ മാ യോനിമൊൽക്കുരൂ തിരുതംഗങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് അനുമ്പത്തിന്റെ അഥാകുളാ പറയും മറ്റുള്ള ആളുകൾക്ക് വേദന ഉണ്ടാക്കുന്ന മനസ്സിനെ വേദിപ്പിക്കുന്നുണ്ടോ അതൊന്നും ഓർഡ ചെയ്യാൻ നിൽക്കുന്ന കൗരാലോ പേരാലോ എല്ലാം നമുക്ക് ഒഴിവാക്കി നിൽക്കും അവരെ ശ്രദ്ധിക്കാറുണ്ട് എന്തേലും വകുത്തതോ അവർ കാനയെക്കുറിച്ച് എങ്ങത്ത് വരും വാരിവും മന്ത്രവുമായ വിവാദത്തിന്റെ ഇനങ്ങളെന്തൊക്കെയുണ്ടോ അതിൽ മുമ്പ് ഇതായിരിക്കും അത് അകലിച്ചുകൊണ്ട് വേറെ ഒരുപാട് ഇപ്പുണ്ടാവില്ല അതിനുവേണ്ടി നമ്മൾ എല്ലാവർക്കും കിട്ടും മിക്കത്തിന്റെ വാക്കുകൾ റിയാതി അറളയങ്ങളായിക്കൊണ്ട് അപ്പൊ ലോകത്തിന് പോയാൽ കാര്യങ്ങളുണ്ട് പൈസ നഷ്ടം സമയം പുളിഞ്ഞു പോയെങ്കിൽ ഇക്കാരങ്ങളാണ് എന്നൊരു ഫായി പിന്നെ ോ നമ്മൾ കുറൂപ്പുകളെ വേദനിപ്പിക്കുന്ന പറഞ്ഞ എല്ലാ മോഹിനിയോട് അനുമില്ല ഞാൻ പ്രകപ്പെട്ട അസാറ് തുടർന്നോ അക്കാറ് തുടർന്നോ സാടകർന്നോട്ടെയില്ല ഏതാണോ അപ്പൊ പല തന്നെ ആ മുസ്ലിമിൻ പഴച്ച മുസ്ലിമിനോട് സംസാരിക്കുന്നതിന് ആ യൂരി കി അവന്റെ കന്തിന് പ്രയാസുണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും വലുക്കാൻ ചിലപ്പോൾ നിസ്സഹാരിക്കാം എന്നാലും ശരി അജിയ ധൈര്യം മാറിയറി അത് പ്രശ്നമുണ്ട് പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങളോട് പറഞ്ഞുകൊടുക്കേണ്ടതോ എനിക്ക് അറിയിക്കേണ്ടതോ മനസ്സിലുള്ള കാര്യം തന്നെ പക്ഷെ അതിന്റെ ചേരി മാറിപ്പോയ മനസ്സിലായിട്ട് ഉണ്ടാക്കില്ലേ അത് ദീർഘം തന്നാൽ പോലും എനിക്ക് എനിക്ക് പറയാനുണ്ടായി ലയിക്കില്ല എന്നോടും വന്നാമതാല പറഞ്ഞതാണ് മൂട്ട നിങ്ങള് പിർഹാവിനോട് ഉണ്ടാക്കണം ലംഗിനായ കലാമേ പറയാവോ പാതിട്ട് ഓൺ പിരിക ആളാന്ന് മഹാരാജാവിന്റെ ആ പോന്റെ സ്ഥാനത്തിന് ഇറക്കാതെ പോലെ അവഗണിക്കുന്നവനോ അവതരിക്കുന്ന കല ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ലംഗീനായ കലാം ഓരണം മതി അഭിമുഖേനെ ചിന്തിക്കുന്നവനോ പാഠം ഉൾക്കൊള്ളുന്നവനോ ഭയപ്പെടുന്നവനോ ആയിക്കിയ അപ്പൊ പിർഹാളിനോടും കൂടി പെർനാടുന്ന രീതിയാണോക്കല്ല പറഞ്ഞു കൊടുത്തത് കെയ്യന്റെ കുളിക്കുന്നതിനെക്കിച്ച് പറയുന്നു തടസ്സ പറയുന്നു വിവരം പറഞ്ഞു തൊഴിലാളി നടത്തിയ എന്നല്ലേ പറയുന്നു അത് ഏതെങ്കിലും വസാക്കം ചിന്തത്തിൽ വസ്തുതാക്കിയില്ലേ അപ്പൊ പൽവാന്നമായി വാല് വലഞ്ചപ്പോഴാണ് ഇല്ല മുലാത്തപ്പത്തി നല്ല ലത്തുപ്പോ മയത്തോടു കൂടിയും സീയാക്കത്തന്ന കാര്യമാണെന്താ ഓനാതെ നമ്മുടെ കയ്യിൽ എടുക്കുക എമ്മ സ്വീകരിക്കുന്ന പാകത്തിനുമാണ് വളത്തിലെടുക്കാതി ആ രീതിയിൽ ലുട്ടുപ്പോടു കൂടി കൊണ്ടുവന്നാലേ വാല വലുതും ഇപ്പൊ അപ്പൊ തന്നെ ശേഖരി കിട്ട് ഇപ്പൊ തന്നെ സാക്ഷതാക്കി വേണമെന്നു മുൻണ്ടെ മാറ്റാൻ പറഞ്ഞു ഞാനും ഞാനും കഴിയാതെ അന്നിട്ട് തുടങ്ങുന്നു അതാണ് ഇന്ന് ഏറ്റവും അല്ലെങ്കിൽ നമ്മളെ വാട്ടിനാക്കണം ഇപ്പം നമ്മൾ പറഞ്ഞ് സ്വീകരിപ്പിക്കും അതാക്കിയാകട്ട് നമ്മളെ മേൽക്കുറിമാന്റെ മേലിൽ ചുമത്തി നമ്മളാക്കി എടുക്കാതെ തന്നെ ഇപ്പൊ കൂടി പറഞ്ഞു കൊടുക്കാം വയറ്റർ തറുപ്പമായ ഏരിയോ മനസ്സിന് വേദന ഉണ്ടാക്കുന്നത് ഒഴിവാക്കൽ പ്രത്യേക മുത്താഴത്തിലാണ് ദൗത്യത്തിനോടൊപ്പം മകനോടൊപ്പം പലപ്പോഴേ ദൗത്യത്തിനോടും അത് പ്രത്യേകിച്ച മുത്താഴത്തിലാണ് ദൗത്യത്തിനോടും മകനോടും അത് ആനിച്ചൻ അതുപോലെ യഹ്മാനിനോടും ആൻ മൈസും അപ്പോൾ ദൗത്യത്തിനോടും മകനോടും പ്രത്യേകിച്ചും യഹ്മാൻ നിങ്ങളോട് പൊതുവെയും ജബല കുരോഗ മനസ്സിന്റെ ജബലുണ്ടല്ലോ മനസ്സും മനസ്സുമായിട്ട് ഒത്തുപോക്കുന്നുണ്ടല്ലോ അത് എതിരോക്കുരൂപിലാകുന്നു കസിനൊക്കെ രൂപത്തിലാകുന്നു നമ്മ പ്രതികാരം പ്രതികരിച്ചു വരും കാരണം നീ വേദിപ്പിച്ചെങ്കിൽ ഇങ്ങോട്ട് വേദിപ്പിക്കാൻ അധികാരം ഉണ്ടല്ലോ അതൊക്കെ പിന്നെ പരസ്പരം വേദനിപ്പിച്ചാൽ തെറ്റിറ്റിരുന്നില്ലേ അതിനാണ് പമഞ്ചറ കിഹാരിച്ചു അടി ഒരു മനുഷ്യന്റെ കല്ലിൽ സുറുകൾ അതിന്റെ സന്തോഷത്തിന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കൽപ്പിൽ ജബുറുണ്ടാക്കിയാൽ അത് കൊണ്ട് ഇത് കാല സുറു ആ വിധായ അല്ലെങ്കിൽ ആ സുറുവുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ഉണ്ടാക്കി വൈകാൻ ചൂട് ഉണ്ടാക്കുന്നതുമില്ല വൈകാൻ ചോദ ഇന്ന് ഇങ്ങനെ ചെയ്തു എന്നാൽ ജബറുണ്ടാകും കൽബോ ഇവന് കൽപ്പിൽ ജബു കൂട്ടും ജബറൽ കുലോബിൾക്കുരോഗലും അത് ബാറാക്ക് മെന്റാക്ക് ദുഃഖത്തിന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കൽവിനുണ്ടാക്കി കൊട്ടിച്ചളഞ്ഞാൽ അവീരി അല്ലെങ്കിൽ ഹിതാത്തിന് ബാറ ഈ തംകീർ കൊണ്ട് അത് ചിന്തിരിപ്പിച്ചു പിന്നെ കത്തറുള്ള കൽവിനല്ലാത്ത അള്ളാഹുബിന്റെ കല്ലിൽ ജമൃതി ഞാൻ ആരെങ്കിലും പണ്ടെങ്കിൽ വെച്ചാൽ കുറ്റങ്ങൾ തൊട്ട് കുറച്ച് കണ്ണീൻ വേണ്ടി വരും കുറ്റങ്ങൾ നോക്കി അങ്ങനോരാമസിക്കാമെന്ന് അവിടെ അറിയത്തില്ല അവടിച്ചി വേണം മിസ്സിന് വാസനം പറഞ്ഞു കൊടുക്കുക ഇന്നാളിന്ന് വാദിച്ചു ഇന്നാൾ ഇന്ന് വാദിച്ചിട്ട് പ്രഖ്യാപിച്ചു നേരത്തെ വെച്ചിട്ട് ആൾക്കാരും പൊട്ടിച്ച് വെക്കും വരാമാണേ പൊതിച്ചു വെക്കണേന്ന് മറ്റൊന്നും പറഞ്ഞോക്കേലാലോ കോളല്ലെങ്കിൽ ലാരടാന്ന് പറയുമ്പോൾ എനിക്ക് അധികാരിണ്ടല്ലോ ൂ നല്ല പഠം ഇത് നീ വേണ്ടത് വച്ചാൽ അന്ത്യാ നീ ജീവിക്കണം എങ്ങനെ ജീവിക്കണം വതിരുക്കാരിമന്ത് ദീൻ നടിക്ക് രക്ഷപ്പെട്ട് ദീൻ തരാമത്തായി രക്ഷപ്പെടണം പിന്നവ ജാഹുക്കമോറും നിന്റെ ജാഹാണെങ്കിലോ എല്ലാ അവരാലും അംഗീകരിക്കപ്പെടുന്നത് പൂർണ്ണമായി ആരാധിക്കുമോ ഒറ്റക്കാനായിട്ടില്ല യുവക്കം നിന്റെ അഭിമാനമോ സൈനോ അത് ആദരപ്പിക്കപ്പെട്ടുക നിന്റെ അഭിമാനം വളരെ വൃത്തിയില്ലാത്ത രീതിയിൽ അവിടെ ദീൻ കലാമത്താകണം ജാഹോ ജാമിച്ചോളമാണെങ്കിലും പൂർണ്ണമായും കിട്ടണം അഭിമാനം പ്രദർശിക്കപ്പെടണം അതുപോലെ തന്നെ ഇച്ചാൽ ഈ ലക്ഷ്യം വെക്കുന്നത് ഒരേ പോയിന്റിലേക്കാൾ അച്ഛലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങണം എന്നാണ് ഏതോടൊപ്പം മാനമാരത്തിന്റെ പേരിൽ ഒന്നാമത്തെ ആളോട് ചെയ്ത വിസിന്റെ ഒപ്പം കൂട്ടിപ്പിടിക്കാം അത് നിങ്ങൾക്ക് ചെയ്യാം ഒന്നാമത്തെ ബസ്സിൽ ഉണ്ടാക്കും ചെയ്യാം ഇതെനിക്ക് ഹർത്തേജ് കൊടുത്തു മനുസഭാളി മൂന്നാമത്തെ അവതോടുള്ള നിഷേധ താലിനാണ് വി തഹസേക്ക് ശരിക്കും തഹസൈക്കാക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം എന്നാലോ തരാതി എടുക്കാൻ മതി അല്ലെങ്കിൽ പോയി പോകല്ല അതിന്റെ വേണ്ടി പിന്നേതാ വാബിനേതാന്ന് മതമാവ് ലാമിനാണ് അവരോടുള്ള പറയാനുള്ള നാവം അറസ്റ്റ് വെച്ച് അവരൊക്കെ നിബിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം ലക്ഷ്യം പറഞ്ഞു അഭിനീമു അഭിനി എന്താണ് കൊടുക്കുന്നത് അതാണ് പൊയ് വൈസറില്ലാസറാക്ക രണ്ട് കണ്ണും കണ്ട് അയൻ മറ്റൊരാളും കൈ കണ്ടു എന്നാപ്പോഴും നീ പറഞ്ഞു ലഹില്ല കണ്ണിനോ നീ പറഞ്ഞു അല ഐനു അല ഐനി എൻടെ കണ്ണേ എന്ന് പറഞ്ഞേ എൻടെ കണ്ണേ ഈ ഉതഗതി പറയാൻ സമർപ്പിക്കാൻ ഐനിൽ നിന്നോ അങ്ങോട്ട് ലാ അത്തം നീ ഐവിലേക്ക് നോക്കണ്ട കണ്ടേ ഇങ്ങോട്ട് പരിണ്ടാ ആ തിഹീനോ തരങ്ങോട്ട് നിന്ന നോക്കാനാണ് കണ്ടോ മൂന്ന് മൂന്ന് അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിന്ന അപ്പോൾ കണ്ണണം واعدو بمعروف وفي حالهم ينقذا فصاروا ملاكين للتي يعتنون واهتم ني கூடி പറนี ആകുന്ന ദഅറ മാറോഫാ രീതിയിലാണ് അങ്ങോട്ട് ഇങ്ങോട്ട് അതിത്തുള്ളില്ല അതിൽ മാസ്ത്രക്കും മാറോ എന്ന് പറഞ്ഞോ എന്നാണോ മറ്റുള്ളവർ பெருமாണനെന്ന് കിടാ ആഗ്രഹിക്കുന്നു അതുപോലെ ഖുർആനിലെ ആ മാസ്ത്രക്കും മാറോ ഉള്ള ആ വിരിയാ ഞാൻ അദ്ദേഹത്തിന്റെ മരത്തിൽ നന്നായി നിങ്ങൾ എത്ര കാലം ആരുടെ കൈകാര്യം ചെയ്തത് ഞാൻ എനിക്കൊരു പ്രതിപ്പുണ്ടാവുമല്ലോ ആ പ്രതിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഇന്നോട്ടാക്കിയാൽ മതി നല്ല അതാണ് ആ കൃതി മാഡം ഞാനിത് മതിയെ തീർച്ചക്കേണ്ടതായിട്ട് നല്ല പിന്നെ കൂടാതെ നിൽക്കണ്ട പക്ഷെ കൈകൊരിക്കലെങ്ങനെയാണോ അപ്പൊ ആയിരിക്കും ആ പിറാക്ക് എങ്ങനെയാണോ നല്ലോ ബിന്റെ ടീ ആയിട്ട് നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് തിരിയാണ് നല്ല നെറ്റ് വിളിക്കണോ അത് യാത്രീ കിരിയാനല്ല പുതിയ പാർട്ടി ഉണ്ടാവട്ടെ അതിപ്പോ നമുക്ക് വൈകിട്ടാണ് ഇതിൽ ടിക്കിറ്റ് എടുത്തോളിക്ക് ഇങ്ങനെ അങ്ങനെ വക്കീനമാക്കൊണ്ടിട്ടോ കേസും പണക്കവും കുഴപ്പവും ചെയ്യണം ഇത് പാർട്ടിക്ക് വരേണ്ടവർക്ക് ഇന്നിട്ട് അതിനെ നിങ്ങളിൽ നിൽക്കൊണ്ട് പോകാം കൊടുക്കും കുടുക്കി കുടുക്കി കുടുക്ക എന്നിട്ട് നിങ്ങളെ പഠിച്ചോണ്ടാവില്ല അതായത് മണപ്രതിമാതവിാലും നിങ്ങളുണ്ടാക്കും അത് വൃദ്ധ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു ധാരാളം ദിവസം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആൽപ്പത്രി അഭിവൃദ്ധി ഉണ്ടാവട്ടെ അതിന്റെ അർത്ഥം കുറെ രോഗങ്ങളിൽ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കത്ത അങ്ങനെ നാളെ ബുദ്ധിപ്പെടുത്തണ്ടേ മന്ത്രി അങ്ങനെ ആലോചിക്കുന്നു ആത്പത്രി കാണിച്ചു ആശുപത്രി അധികൃതൻ നവതിയിലെ സുരക്ഷേനെ ഞാൻ ആഗ്രഹിക്കളിന്റെ അർത്ഥം കൂടെ രോഗി ഉണ്ടാകട്ടെ എന്നാണ് മസ്ത്രീകൾ പറഞ്ഞു പോയത് എന്ന് ഞാൻ ആരംഗത്തെ പറഞ്ഞു ഞാൻ വിചാരിച്ചു കൂടി വിചാരിച്ചു പിന്നെ പാലത്തെ വെങ്കല്ല എന്ന് പറയുന്നു ആ നീലമില്ലാത്ത ഈ പറയപ്പെട്ട നാലുവേർ വെച്ച് ജനാംഗത്തിൽ ീടെ മാറ്റുന്ന വീണ്ടത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലേ അതിനെ തെരീക്കേണ്ടി അതിന് കൈപ്പം ഏതായാലും അതിൽ അറിയാ കരിമില്ലാതില്ലാത ഈ ആഭാദ്യം പെട്ടെന്ന് രക്ഷപ്പെടുത്തിയതുകൊണ്ട് അമേരിക്കയിലായിരുന്നു അല്ല സീ എങ്ങനെയുള്ളതാണ് ിഹ അതിന്റെ മസു ആ തകത്ത് അഖുബിന്റെ ജനങ്ങൾക്കുള്ള തപറപ്പെട്ട് ആ അത്തൊരു ചോദിച്ചറിയുണ്ട് അതാണ് അസുഫിന്റെ പൊടി വീട്ടുകൾക്കും പോലെ തീർച്ചയായും അതാണ് അസുലി അവിടെ നന്ദി തുറന്നു അതിനുള്ള അതുകൊണ്ടു വിചാര മത്സ്യപ്പെടുത്തണമെന്ന് പറയാനായിരുന്നു ും അത് പള്ളിയിൽ വെച്ചിട്ട് ഉണ്ടോ വേറെ വെക്കും മൂന്നാമത്തെ അപ്പൊ ൂടേ പത്ത് വസ്ത്രം പത്ത് ഇന്ന് നടക്കില്ല ലെറ്റർ ബോട്ട് ലെറ്റർ നാടില്ലല്ലോ ആ ലത്ത സംബന്ധിച്ചിട്ട് പത്ത് മുഖ്യവേദം പത്തിൽ കിട്ടാത്തത് ഏഴ് ആസ്ത്രം പത്ത് വർഷം എത്ര വേറെ പച്ച ബന്ധം ഇത് മൂന്നും പത്ത് വർഷപ്പെട്ട വളരെ കുറവാണ് അപ്പൊ കൂടിയാകെ ഏഴ് മന്ത്രി കഴിഞ്ഞു അപ്പൊ ഇതാണ് അസസ്ഥ അതാണ് എനിക്ക് അത്തരം വിട്ടു പോകുന്ന അവസ്ഥ രക്ഷപ്പെടുന്നു പരാതി നാല് കൊണ്ടോ തൊണ്ണൂറ് കൊണ്ടോ നാല് കൊണ്ടോ ഒന്ന് ഞാൻ നിങ്ങളുടെ അടിസ്ഥാനം പ്രവർത്തിച്ചത് സാധ്യത എനിക്ക് അടുത്ത അവസ്ഥ ഇന്നും നിൽക്കണം പിന്നെ അടുത്തത് അടുത്ത വന്ന് എഴുതത്ത് വന്ന് പാട വെച്ച് അങ്ങനെ വാക്സിൻ ഇതാക്കി അങ്ങനെ നിൽക്കണം വളരെ നല്ലൊരു സ്റ്റാർട്ട് ആണ് ദാ മോനോബറോനെ എടുവാം ഇതുപോലെ നമ്മൾ സിംഗിൾ ഡോ രണ്ട് കളിക്കാർക്ക് പറയാൻ പറ്റുന്ന ഒരു കളിക്ക് നമ്മൾ ഇതിനാണ് വേണ്ടി ആ ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചേ നമ്മൾ ഇതിനെ എടുക്കുക അവൻ വന്ന അലൻ ബേല ഒരു ഫുൾ ഗോളിനെ